ആത്മബന്ധനങ്ങളുടെ വീട് രചന ഉന്മേഷ് മാപ്പിളശ്ശേരി സംവിധാനം മാത്യു ജോസഫ് ശബ്ദം നൽകുന്നവർ കെ സി കരുണാകരൻ പേരാമ്പ്ര വി രവി കൊയിലാണ്ടി എം വിനീന്ദ്രൻ കോടേരി ലക്ഷ്മി ആർ എസ് ദിവ്യ പുറത്തതാ കൃഷ്ണേട്ടാന്ന് തോന്നുന്നു വിളിക്കുന്നത് ഒന്ന് വരാൻ ചെല്ലു അച്ഛന ഇനി സംസാരിച്ചിരിക്കാൻ ആളായല്ലോ അല്ലെ കൃഷ്ണ ആ നീ ഉമ്മറത്തേക്ക് കയറിയിരുന്നോളൂ ഞാനിതാ എത്തി പണ്ടത്തെപ്പോലെ ഓടിച്ചാടി എത്താണെന്ന് കഴിയില്ലല്ലോ കൃഷ്ണ പ്രായമായില്ലേ ആ കൃഷ്ണ കത്ത് വല്ലതുണ്ടോ ഇന്ന് കത്തോ എൻറെ ദാസേട്ടാ നല്ല കാര്യായി നിങ്ങൾക്കുള്ള കത്ത് വരവൊക്കെ തിന്നിട്ട് കാലെത്രയായി ഒരധ്യാപകലോകം വന്നിട്ടുണ്ട് അത് പിടിച്ചോ ആ ശെരിയാ അതൊക്കെ എന്നേ നിലച്ചു പോയിരിക്കുന്നു അന്നൊക്കെ എത്രയത്ര കത്തുകളാ വന്നിരുന്നത് കരയിപ്പിച്ചും ചിരിപ്പിച്ചും ആശങ്കപ്പെടുത്തിയും ഒക്കെ എത്രയത്ര കത്തുകൾ കാലം മാറിയ കൂട്ടത്തിൽ അതും അങ്ങ് മാറി അതെ അതെ കുന്നേൽ വീട് കണിച്ചുകൊളങ്ങര പിയോ ഈ വിലാസത്തിൽ ഞാൻ എത്ര തപാൽ ഉരുപ്പടികൾ ഇവിടെ തന്നുപോയിരിക്കുന്നു ചേട്ടാ ഇല്ലൻഡിലും പോസ്റ്റ് കവറിലൊന്നും ആർക്കും ഇപ്പൊ കത്തുകൾ വരാറില്ല ദ ഇത് കണ്ടില്ലേ ഫോൺ ബില്ലും എ ടി ഇതൊക്കെ വിതരണം ചെയ്യല ഇപ്പോഴത്തെ എന്റെ പണി ഞാൻ ഓർക്കാതാസേട്ടാ അമ്പലപ്പറമ്പ് വഴി നാരായണൻ നാരുടെ വീട്ടിൽ കയറി കയ്യാലഞ്ചാടി ചെറിയ അമ്മൂട്ടിയമ്മയ്ക്കും നട്ടയിലെ രാമം വക്കലിനും കൊടുത്തിട്ട് ദേ ഞാൻ ഈ പടിഞ്ഞൽ കാലെടുത്ത് കുത്തിയാ മതി മനിക്കുട്ടിനോടി ഡൈജസ്റ്റ് എത്തിയോ അറിയാൻ കത്തുകളും കവറുകളും ഞാൻ ഈ സിമെന്റ് നിണ്ണയിൽ നിരത്തി വെക്കും എല്ലാം എടുത്തുകൊണ്ട് പോയിട്ട് ജാനകി എടുത്തി ഒരു മന്ത സംഭാരവുമായി വരും ഇപ്പൊ കത്തുകളുമില്ല കറിവേപ്പിലെ ആ മതി മതി മതി പഴംപുരാണം പറഞ്ഞു കൃഷ്ണ താൻ എന്നെയും ആ കാലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി ജാനകി പോയ ശേഷം ഈ വീടാകെ മാറിപ്പോയികളോ ആകെ ഇരുട്ടായി പോയി ചോരുകൾക്ക് എത്ര വെള്ളപൂശിയാലും ഇടനാഴികളിൽ എത്ര വിളക്കുകൾ തെളിയിച്ചാലും പ്രകാശിക്കാത്ത കുരിട്ടിലായി പോയി ഈ വീടും തുടിയുമെല്ലാം ശരിയാടി കയറിയാൽ ആൾതാമസം ഉണ്ടെന്ന് കൂടി പറയില്ല കൃഷ്ണ നിനക്കറിയാലോ എന്റെ സ്ഥിതി ഇപ്പോ വലത്തേക്കാലിനും കൂടിയായി മരവിപ്പ് എത്ര സമയെടുത്തിട്ടാ മുറിയിന്ന് വരാതവരെ ഞാൻ എത്തുന്നെന്ന് നിനക്കറിയോ ഒരു ഗ്ലാസ് വെള്ളം കിട്ടണമെങ്കിൽ മനു ജോലി കഴിഞ്ഞെത്തണം പിന്നെ വല്ലപ്പോഴും ആ ഗൗരിയുടെ മോള് വന്ന് ഒന്ന് തൂത്ത് വൃത്തിയാക്കി തന്നാലായി ജാനകി എത്ര വൃത്തിയായി നോക്കിയ വീടും തൊടിയുമാ മുകളിലിരുന്ന് അവൾ ഇതൊക്കെ കണ്ട് സങ്കടപ്പെടുന്നുണ്ടാവും അതെ ദാസേട്ടാ നമുക്ക് മനുവിനെ കൊണ്ടൊരു പെണ്ണ് കേട്ടിക്കണ്ടേ ചെക്കന് പത്തിരുപത്തെട്ട് വയസ്സായില്ലേ വേണം വേണം ശ്രമിക്കാഞ്ഞിട്ടല്ല കൃഷ്ണ അറിയാലോ ശുദ്ധജാതകക്കാർക്ക് വിവാഹം നടക്കാൻ നല്ല ബുദ്ധിമുട്ടല്ലേ ആ കൃഷ്ണ ഇപ്പോ ഒന്ന് ശരിയായി വന്നിട്ടുണ്ട് മനക്കാട്ടെ ബാലേന്ദ്രൻ കോൺട്രാക്ടറുടെ മകളില്ലേ ആ ഇളയെ കുട്ടി അത് ഏതാണ്ട് ഉറച്ച മട്ടാ ഒന്ന് രണ്ടാളുകൾ വന്നു പോയി പക്ഷെ എന്തോ ഒരു തടസ്സമുള്ളതുപോലെ എനിക്ക് തോന്നുക ഒരു തടസ്സമില്ല ദാസേടുന്ന ഓരോന്ന് ആലോചിച്ച് ഇനി തലമുണ്ടാക്കണ്ട ജാതകപ്പെടുത്തുന്നുണ്ടല്ലോ അത് തന്നെ ധാരാളം നമുക്കിത് നടത്തണം ആ കുട്ടി ബാംഗ്ലൂരല്ലേ വളർന്നോ പഠിച്ചതൊക്കെ എനിക്കറിയാവുന്നതാ ഹാ എല്ലാം ഭഗവാൻ നടത്തി തരട്ടെ ഹായ് രമ്യ ഒരുപാട് നേരമായി വന്നിട്ട് ആ ടൗൺ ഹാളിനടുത്ത് നല്ല ബ്ലോക്ക് അടും സോറിട്ടോ ഹായ് മനു ഞാൻ എത്തിയിട്ട് അഞ്ചു മിനിറ്റേ ആയുള്ളൂ ആണോ പിന്നെ ഒരു ഗുഡ് ന്യൂസ് ഉണ്ട് കേട്ടോ നമ്മുടെ രണ്ടാളുടെയും കാര്യം എടു അതിപ്പോൾ ഏതാണ്ട് ഉറച്ച മട്ടാ ഇതെന്റെ ജന്മമാസമല്ലേ അടുത്ത മാസം വിവാഹം നടത്താനാണ് അച്ഛൻ പറയുന്നത് അതിനു മുമ്പ് പേരിനവർ ഉറപ്പിക്കലും വേണം അല്ല തനിക്കിതെന്തു പറ്റി സുഖമില്ലേ വന്നപ്പോൾ മുതലേ ഞാൻ ശ്രദ്ധിക്കുന്നു എന്താണോ പ്രശ്നം മനക്കാട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ർക്കെല്ലാം ബോധിച്ചു മനുവിനെ മനുവിന്റെ ജോലിയുമെല്ലാം പക്ഷേ ബാംഗ്ലൂർ ഉള്ള എന്റെ ആർക്കും മനുവിന്റെ ആ പഴയ വീടുണ്ടല്ലോ അത് തീരെ ഇഷ്ടായിട്ടില്ല തീരെ പഴഞ്ചനാണെന്നാണ് അവര് പറയുന്നത് മാത്രല്ല കാലപ്പഴക്കം കൊണ്ട് പൊളിഞ്ഞു വീണാലോ എന്നൊക്കെ കൊള്ളാം ഇതാണോ ഒരു വിലക്കുറവില്ല കേട്ടോ അതൊക്കെ ശെരി തന്നെ പക്ഷേ അമ്മായി പറയുന്നത് മുറികളൊക്കെ വളരെ ചെറുതാണെന്നാണല്ലോ മാത്രോ മുകളിലാണെങ്കിൽ ഓടും കള്ളന്മാർ ഓട് വീട്ട് കേറുന്ന കാലല്ലേ ഇത് രമേ എന്റെ അച്ഛനും ഞാനും ഒക്കെ ജനിച്ചു വളർന്ന വീടാണത് ഇത്രയും കാലത്തിനിടയിൽ ഒരു കള്ളനും കുന്നേലി വീട്ടിൽ ചാവടിയും നടുമുറ്റവും ഒക്കെയുള്ള ഒരു വരാൻ പോകുന്നത് അനു പഴയ കാലൊന്നും അല്ലേത് കഴിഞ്ഞ രണ്ടു വർഷങ്ങളിലും പ്രളയം സംഭവിച്ച നാടാണ് പോരെങ്കേ മനുന്റെ വീടിനടുത്ത് ആ പുഴയുമില്ലേ അച്ഛൻ പറയുന്നത് ആ വീട് മാറ്റി പുതിയത് വെക്കണമെന്നാ എന്നിട്ട് മതി വിവാഹം എന്നാ അമ്മാവുമരും പറയുന്നത് മനു എന്റെ അച്ഛൻ ഈ കാര്യത്തിൽ ഒരു കോംപ്രമൈസിനും തയ്യാറാകുന്നു എനിക്ക് തോന്നില്ല മനുവിനറിയാലോ എന്റെ കാര്യം എനിക്കാണെങ്കിൽ പഴയ വീടും തൊടിയും കെട്ടിടങ്ങളും ശീലങ്ങളും ഒന്നും പരിചയമില്ല സത്യത്തി എനിക്ക് പേടിയാ മനു അറേം മച്ചും പലകിയൊക്കെ ഉള്ളടത്ത് താമസിക്കാൻ അപ്പോ നിനക്കും അവരുടെ അഭിപ്രായം തന്നെയാണല്ലേ നമ്മുടെ വിവാഹം ഏകദേശം ധാരണയായതിനു ശേഷമാണ് നമ്മുടെ പരിചയത്തിലായത് ഇക്കാലത്തിനിടയ്ക്ക് ഞാൻ എന്നെ പറ്റിയും വീടിനെ പറ്റിയും പറഞ്ഞതല്ലേ ഞാൻ കരുതിയത് നീ എനിക്കൊപ്പം ആ വീടിനെ സ്വീകരിച്ചു എനിക്ക് തെറ്റി ഞാൻ മനുനെ വിഷമിപ്പിക്കാൻ പറഞ്ഞതല്ല എന്നാലും വിവാഹം നടക്കണമെങ്കിൽ വീട് മാറ്റണമെന്ന് പറഞ്ഞത് അത് കുറച്ച് കടന്ന കൈയായി പോയി രമ്യ എനിക്ക് നല്ല ശമ്പളമുണ്ട് അച്ഛന് പെൻഷന് കിട്ടുന്നുണ്ട് ശ്രമിച്ച ഒരു ലോണെടുത്ത് ഒരു പുതിയ വീട് വാങ്ങാനോ വെക്കാനോ കഴിഞ്ഞേക്കും പക്ഷേ അച്ഛനൊന്നും സമ്മതിക്കില്ല രമ്യ അദ്ദേഹത്തിന്റെ ജീവനാണ് ആ വീട് അച്ഛനാ വീടും തുടിയും മരങ്ങളെയും ഒക്കെ എത്രമാത്രം ഇഷ്ടപ്പെടുന്നതെന്ന് എനിക്കറിയാം പഴമേ സ്നേഹിക്കുകയും പഴമയിൽ ജീവിക്കുകയും ചെയ്യുന്ന ഒരാളോട് എങ്ങനെ ഞാനിതേ പറ്റി പറയാ എനിക്കറിയില്ല ഓക്കെ രമ്യ ഞാനിറങ്ങട്ടെ എന്തായാലും ഞാൻ ഒന്നുകൂടെ ആലോചിക്കട്ടെ എന്തെങ്കിലും മാർഗം തെളിഞ്ഞു വരാതിരിക്കില്ല ആരാ മനുവാ അതേ ഞാനാണ് ഞാനൊരല്പം വൈകി പോയി അച്ഛൻ കാത്തിരുന്നു മിഷിനോ എന്ത് മുഷിച്ചില്ല അച്ഛൻ ഈ റേഡിയോ കേട്ടോണ്ടിരിക്ക ീരാനായി തീരെ ഒച്ചയില്ല ആ നാളെ മോം വരുമ്പോ രണ്ടെണ്ണം വാങ്ങിത്തരണം ഞാൻ എത്ര നാളായി പറയുന്ന കുത്തുന്നുരാന്ന് അതാവുമ്പോ ബാറ്ററി തീരും അപ്പൊ കറണ്ട് പോയാ അച്ഛൻ എന്തു ചെയ്യും ബാറ്ററി ആയാൽ എപ്പോഴും കേൾക്കാമല്ലോ ആ അതൊക്കെ പോട്ടെ നീ രമ്യയെ കണ്ടിരുന്നു അവർക്ക് കുറച്ചാളുകൾ കൂടി ഇങ്ങോട്ട് വരാനുണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ എന്തായത് ഇങ്ങനെ നീണ്ടുപോയാൽ എങ്ങനെയാ വന്നു നീയൊരു കുടുംബമായി കഴിയുന്നത് കാണാൻ നിന്റെ അമ്മയ്ക്കോ ഭാഗ്യമുണ്ടായില്ല എനിക്കെങ്കിലും ഉണ്ടാകുമോ അത് അച്ഛൻ വെറുതെ തീരെ വിശപ്പില്ല നിന്റെ അമ്മ ഉണ്ടാക്കി തരുന്ന കഞ്ഞിയും അമ്പഴങ്ങ അച്ചാറുമൊക്കെ എന്തൊരു സ്വാദായിരുന്നു ഓരോ ദിവസം കൂടുന്തോറും ഓർമ്മയിൽ ആ സ്വാദ് വരുന്നു അവൾ പോയപ്പോൾ ഈ വീടും പറമ്പും മരങ്ങളും പശുക്കളും നമ്മളും എല്ലാം അനാഥരായി പോയതുപോലെ മോനെ വീടായാൽ ഒരു പെണ്ണ് വേണം പെണ്ണില്ലാത്ത വീട് കെട്ടുകിടക്കും അതാണ് അച്ഛൻ പറയുന്നത് നിനക്ക് ജീവിതം തുടങ്ങാൻ സമയമായി എന്ന് ഹലോ മനു അച്ഛനോട് വീടിന്റെ കാര്യം പ്രസന്റ് ചെയ്തോ എന്റെ അച്ഛന് ടൗണിൽ നല്ലൊരു വീട് കണ്ടുവച്ചിട്ടുണ്ട് ഒരു അറുപത് അറുപത്തഞ്ചിനൊക്കെ കിട്ടും അത് വാങ്ങിയാലോ വിവാഹം അവിടെ വെച്ച് നടത്താലോ എന്നാ വേറൊരു ഐഡിയ പറയട്ടെ മനുവിന്റെ കമ്പനി നല്ല റെപ്യൂട്ടഡല്ലേ ബാങ്കുകാർ മനുവിന് നല്ല തുക ലോണായി തരും നമുക്ക് ആ പഴഞ്ചം വീട് നല്ല ഒന്നാം ഒരു കണ്ടംപററി വീട് വെച്ചാലോ അതാവുമ്പോ അച്ഛന്റെ മാറും പുതിയ വീട് പഴയ തൊടി തന്നെയല്ലേ എന്ത് പറയുന്നു ആ രമ്യ പറയുന്നതൊക്കെ ശരി തന്നെ പക്ഷേ ഞാനിത് എങ്ങനെയാണോ അച്ഛനോട് പറയാ ആ നോക്കട്ടെ എന്തേലും ഒരു മാർഗം ഞാനേ തന്നെ പിന്നെ വിളിക്കാം കേട്ടോ ശരിയെന്ന എന്തൊരു കഷ്ടമായത് ുന്ന കാര്യം ഞാൻ എങ്ങനെ അച്ഛനോട് ആവശ്യപ്പെടും വിവാഹം കഴിക്കാനായി സ്വന്തം വീട് തകർക്കുകയോ വേണ്ട എനിക്ക് ഈ വിവാഹം വേണ്ട എന്നാലും എന്നാലും എന്റെ രമ്യ ഞാൻ അവളെ വല്ലാതെ ഇഷ്ടപ്പെടുന്നു ഒന്ന് കൃഷ്ണേട്ടനെ വിളിച്ചു നോക്കാം കൃഷ്ണേട്ടനെ കൊണ്ട് പറയിപ്പിച്ച ചിലപ്പച്ച സമ്മതിച്ചേക്കും ഹലോ ആ കൃഷ്ണേട്ടാ ഞാൻ മനു ആണേ അത് കൃഷ്ണേടാ കല്യാണക്കാരി ചെറിയ വരുന്നുണ്ട് കൃഷ്ണേട്ടൻ അറിയാലോ അത് പിന്നെ കൃഷ്ണേട്ടാ ഒരു ചെറിയ പ്രശ്നമുണ്ട് അത് പറയാനാ ഞാനിപ്പോ വിളിച്ചത് കൃഷ്ണേട്ടൻ എന്നെ ഒന്ന് സഹായിക്കണം രമ്യയുടെ വീട്ടുകാർക്ക് ഈ വിവാഹത്തിന് എതിർപ്പൊന്നുമില്ല പക്ഷേ ഞങ്ങളുടെ പഴയ വീടാണ് പ്രശ്നം ആ അതെ അവരെന്നെ നിർബന്ധിക്കാ വീട് മാറ്റിപ്പണിയാൻ കൃഷ്ണേനറിയാലോ സ്വഭാവം ഇതൊരിക്കലും ഇതിപ്പോ എന്ത് കഥയാമാനെ പഴയതാണെങ്കിലും ആ വീടിന് ഒരു കുഴപ്പമില്ലല്ലോ നിങ്ങൾ ചെറുപ്പക്കാരുടെ ഭവന സംസ്കാരം എന്താണിങ്ങനെയായി പോയത് കുന്നേല് വീട് പോലെ ഐശ്വര്യമുള്ള വേറെ നമ്മുടെ ഗ്രാമത്തിലുണ്ടോ ആ പറഞ്ഞിട്ടെന്ത് കാര്യം കാലൊരുപാട് മാറിപ്പോയില്ലേ കാലത്തിന്റെ വേഗത്തിനൊപ്പം എത്താൻ ആവാതെ ഞങ്ങളെപ്പോലുള്ള ചിലരുണ്ട് ഇങ്ങനെ പാതി വഴിയിൽ നിൽക്കുന്നു കൃഷ്ണേട്ട പടിപ്പുരമാളിയെ നാലുകെട്ടും കുളവും നാട്ടിൻപുറത്ത നന്മകളും ഒന്നും ആർക്കും വേണ്ട പഴയതൊക്കെയും പുതുക്കണം ഞാനിത് പറയാൻ അല്ല മൊനു ഞാനിപ്പെന്താ ചെയ്യേണ്ടത് കൃഷ്ണേട്ടൻ എങ്ങനെയെങ്കിലും അച്ഛനെ സമ്മതിപ്പിക്കണം കൃഷ്ണേട്ടൻ പറഞ്ഞ അച്ഛൻ കേൾക്കും പുതിയൊരു വീടുണ്ടാക്കാൻ അൻപത് ലക്ഷം ലോണ് തരാമെന്ന് ബാങ്കുകാര് പറഞ്ഞിട്ടുണ്ട് അൻപത് ലക്ഷം ലോണോ ശരി ഞാൻ നാളെ അങ്ങോട്ട് വരുന്നുണ്ട് ഞാനിത് സംസാരിക്കട്ടെ അച്ഛനോട് ശരി കൃഷ്ണേട്ടാ അപ്പൊ നാളെ കാണാം കൃഷ്ണ നീ എന്താ ഈ പറയുന്നത് ഈ വീട് പൊളിക്കാനോ മനു അങ്ങനെ പറഞ്ഞോ നടന്ന വീടല്ലേ ഇത് എന്റെ ജാനകി ജീവിച്ചു മരിച്ച ഈ നാലുകെട്ട് പൊളിക്കുകയോ ഇല്ല ഈ ജന്മത്തിൽ അതുണ്ടാവില്ല കൃഷ്ണ എനിക്ക് ഇനി അധികം മരണം വരെയും ഈ വീട് കാണണമെന്നാണ് എന്റെ ആഗ്രഹം മാഷേ എനിക്കറിവുള്ളതല്ലേ നിങ്ങൾക്ക് ഈ വീടിനോടും പറമ്പിനോടുള്ള ആത്മബന്ധം ഞാൻ ഇപ്പോഴും ഓർക്കുന്നു വിറകുപുരയ്ക്ക് സ്ഥാനം നോക്കി കുറ്റിയടിക്കാൻ ആശാരി വന്നത് ആ ആദ്യം തെക്കേത്തോടി സ്ഥാനം കണ്ടു അപ്പോഴാണ് പുളിച്ചുമാവ് വെട്ടിമാറ്റി അവിടെ വിറകപുര എന്ന് നിങ്ങൾ പ്രഖ്യാപിച്ചത് പിന്നെ ഒരപ്പുരയ്ക്ക് പിന്നിൽ നോക്കി മഹാഗണിയും അമ്പഴവും കളഞ്ഞിട്ട് അവിടെയും വിറകുപുര വേണ്ടെന്ന് നിങ്ങൾ പറഞ്ഞു അവസാനം കുളക്കടവിനടുത്തായി വിറകുപുര അതെ കൃഷ്ണ ഞാൻ ഇവിടെയുള്ള സർവ്വദിനെയും സ്നേഹിക്കുന്നു പഴമയിൽ ജീവിച്ച് പഴമയിലേക്കാണ് എന്റെ യാത്ര ഈ തൊടിയിലെ മിക്ക വൃക്ഷങ്ങളും ഞാനും എന്റെ അച്ഛനും നട്ടുപിടിപ്പിച്ചതാണ് കാരണവന്മാർ ദാനമായി എന്റെ കയ്യിൽ ഏൽപ്പിച്ചതാണ് ഈ വീടും തൊടിയും ഭദ്രമായി അതടുത്ത തലമുറയിലേക്ക് കൈമാറണമെന്നാണ് എന്റെ ഇഷ്ടം അങ്ങനെയുള്ള ഈ വൃദ്ധനോട് ഇങ്ങനെ ആവശ്യപ്പെടുന്നത് കഷ്ടമല്ലടോ കൃഷ്ണ മാഷെ മാഷെ വിഷമിക്കാൻ വേണ്ടി പറഞ്ഞല്ല പഴയ കാലമൊക്കെ പോയില്ലേ മാഷേ പഴമയും അതിന്റെ പ്രൗഢിയുമൊക്കെ ഇപ്പൊ ആർക്ക് വേണം നമ്മെ പോലത്തെ ചില പഴഞ്ചന്മാർക്ക് മതി ഇതൊക്കെ അതുകൊണ്ട് മാഷ അതങ്ങ് സമ്മതിച്ചു മോനോട് മുഷിയാൻ നിൽക്കണ്ട നമ്മളായിട്ട് ആലോചിച്ച ബന്ധമല്ലേ ഇത് അതങ്ങ് സമ്മതിച്ചേക്ക് മാഷേ അച്ഛ അച്ഛനെ എനിക്കു കാപ്പി കുടിക്കേയ് എനിക്കൊന്നുമില്ല മോനെ അല്ല രണ്ടു ദിവസമായി ഞാൻ നിന്നെ ശ്രദ്ധിക്കുന്നു എന്താണിടോ നിനക്ക് സംഭവിച്ചത് അത് ഒന്നുമില്ല വെറുതെ തോന്നി അച്ഛൻ കുടിക്കൂ ഉം ഉം ആ ഇന്നിവിടെ കൃഷ്ണൻ വന്നിരുന്നു മനു നമ്മൾ തമ്മിൽ എന്തെങ്കിലും അകൽച്ചയുണ്ടോ മോനെ ത് എന്നോട് തുറന്ന് പറയാമായിരുന്നില്ലേ എനിക്കതിന് അച്ഛാ അത് രമ്യക്ക് അവയ്ക്ക് വേണ്ടി താമസിക്കാൻ ഇഷ്ടമില്ല എനിക്ക് രമ്യയെ വിവാഹം കഴിക്കാൻ ഇഷ്ടമാണ് എന്നാൽ എന്റെ അച്ഛന്റെ മനസ്സ് വേദനിപ്പിച്ച് എനിക്ക് വിവാഹം വേണ്ടച്ഛാ മനു നീ എന്നെ അതിവിദഗ്ധമായി കീഴ്പ്പെടുത്തിയിരിക്കുന്നു മോനെ മോനെ അച്ഛനൽപ്പം വിശ്രമിക്കട്ടെ നമുക്ക് നാളെ സംസാരിക്കാം ഞാനൊന്ന് ഉറങ്ങട്ടെ വെച്ചാ അങ്ങനെ ഞാനേ ഈ വിരിപ്പ് പുറപ്പിച്ചു വലിയൊരാലോചന എന്താ എന്തേലും വിഷമമുണ്ടോ ഒരു ഉഷാറില്ലല്ലോ നിങ്ങൾക്ക് ഒന്നുമില്ല അല്ല എന്തോ ഉണ്ട് നിങ്ങൾക്കെന്തോ വിഷമം തട്ടിട്ടുണ്ട് എനിക്കറിയില്ലേ നിങ്ങളെ ഒരു ചെടി വാടിയാ പോലും സങ്കടപ്പെടുന്ന ആണല്ലേ പറയൂ എന്താണ് പറയൂ ജാനകി നീ എത്ര ഭാഗ്യവതിയാണോ നിനക്കിതൊന്നും അറിയണ്ടല്ലോ ഇവിടെ നടക്കുന്നതൊന്നും കണ്ണും കേട്ടും നിനക്ക് കണ്ണു നനക്കേണ്ടതില്ലോ എന്തിനാണ് ഇങ്ങനെ കുട്ടികളെ പോലെ സങ്കടപ്പെടുന്നത് തന്നെ എന്താണ് ഇവിടെ ഉണ്ടായത് നമ്മുടെ മനുവിന്റെ വിവാഹമല്ലേ വരുന്നത് സന്തോഷിക്കല്ലേ വേണ്ടത് സത്യത്തിൽ നിങ്ങളാണ് ഭാഗ്യവാൻ എന്റെ മഹാഭാഗ്യം നീ ആയിരുന്നു അത് കൈമോശം വന്നു പോയിരിക്കുന്നു എനിക്കും നിന്റെ അടുത്തേക്ക് വരേണ്ടിയിരുന്നു ജാനകി ഓ മതി മതി മതി നമ്മുടെ മകന്റെ ഒരുപാട് കാലം താമസിച്ചിട്ട് പതിയെ വന്നാ മതി ഇങ്ങോട്ട് ജാനകി നീ അറിഞ്ഞു മനുവിന്റെ പെൺവീട്ടുകാർ പറഞ്ഞത് പഴകിയ ഈ വീട്ടിലേക്ക് കുട്ടിയെ അയക്കില്ല എന്ന് വീട് പൊളിച്ച് മറ്റൊന്ന് വെച്ചാലേ വിവാഹം നടക്കൂ എന്ന് എന്നിട്ട് നിങ്ങളെന്തു പറഞ്ഞു ഞാനെന്തു പറയാൻ എനിക്ക് വയസ്സായില്ലേ ജാനകി മാത്രമല്ല എത്ര ആലോചനകൾക്ക് ശേഷമാ അവൻ ഇതൊരെണ്ണം ചേർന്നു വന്നത് വീടിന്റെ കാര്യമുണ്ട് ഇത് മുടങ്ങിയാൽ ജാനകി നീ തന്നെ പറയൂ ഞാൻ എന്ത് തീരുമാനമാണ് എടുക്കേണ്ടത് ഓ നിങ്ങൾ ഇനി ഒന്ന് ചിന്തിച്ച് തല ഒരു തീരുമാനത്തിനായി തിരയുകയും വേണ്ട അതങ്ങ് സമ്മതിച്ചേക്കും മാഷയെ ഇടിച്ചു നിരത്തുകയോ പുളിക്കുകയോ ചെയ്യട്ടെ നല്ലൊരു മുറി ചാവടിപ്പുരയിൽ ഉണ്ടല്ലോ നിങ്ങൾക്കതുപോലെ ശരി ജാനകി നീ പറയും പോലെ എല്ലെ നിങ്ങൾ ഇപ്പോഴൊരു കൊച്ചുകുട്ടിയെ പോലെ തന്നെ കഞ്ഞി കുടിച്ചോ നിങ്ങള് ദേ ആ നീളം വരെയുള്ള കുപ്പായ എത്ര പിങ്ങിയിരിക്കുന്നു അതൊന്നും മാറ്റിക്കൂടെ എത്ര നാളായി ഇതോട്ട് നടക്കുന്നു ഞാൻ പറയുന്നത് വല്ലതും കേൾക്കുന്നുണ്ടോ ആ ഉറങ്ങിയോ നല്ല ആളാ ഉറങ്ങിക്കോളൂ സമാധാനമായി ഉറങ്ങിക്കോളൂ ആ കൃഷ്ണേട്ടാ രാവിലെ മുതൽ അച്ഛന് നിർബന്ധം ഇങ്ങോട്ട് വരണമെന്ന് അവിടെ പണിക്കാര് വീട് വിളിച്ചുകൊണ്ടിരിക്കുക അവിടെ അച്ഛൻ എന്തോ ഒരു മടി മാത്രമല്ല നല്ല പൊടിയും ശബ്ദമൊക്കെ ഉണ്ടേ എന്തായാലും രണ്ടിസം അച്ഛനും ഇവിടെ നിൽക്കട്ടെ അപ്പോഴേക്ക് ഞാൻ ആ ചാവടിപ്പുരയൊക്കെ കുമ്മായൊക്കെ പൂച്ചി ഒന്ന് ശരിയാക്കിയിടാം അതിനെന്താ മോനെ എനിക്കൊരു കൂട്ടായല്ലോ വളരെ സന്തോഷം ലോണിൻ്റെ കാര്യമൊക്കെ ആയി ആ അതൊക്കെ ഓക്കെ ആയിട്ടുണ്ട് ഫൗണ്ടേഷൻ കഴിഞ്ഞാൽ ഉടൻ ആദ്യ അച്ഛാ എന്തേലും ആവശ്യമുണ്ടെങ്കി എന്നെ വിളിക്കണം കേട്ടോ ശരി മോനെ അപ്പൊ ശരി കൃഷ്ണടാ ഞാനിറങ്ങട്ടെ ശരി ശരി അപ്പൊ മാഷേ നിങ്ങൾ അതിനെ സമ്മതിച്ചല്ലേ അതെന്തായാലും നന്നായി അവന്റെ ആഗ്രഹമല്ലേ നടക്കട്ടെ എന്റെ വേദന എന്റെ ഉള്ളിൽ തന്നെ ഇരിക്കട്ടെ കൃഷ്ണ ഹലോ എന്തായി കുന്നേൽ കൊട്ടാരം പൊളിക്കാൻ തീരുമാനോ തീരുമാനമായൊന്നു പൊളിച്ച് അടുക്കി വെച്ചിട്ടുണ്ട് പണി ഉടൻ തുടങ്ങണം പിന്നെ അച്ഛനെ കൃഷ്ണേട്ടന്റെ വീട്ടിലാക്കിയത് കൊണ്ട് സമാധാനമായിട്ടോ ഇപ്പോഴത്തെ കാലത്ത് ആർക്കാ മുറ്റം വൃത്തിയാക്കാനും സമയം ആ ശരി ശരി എല്ലാം തന്റെ ഇഷ്ടം പോലെ ആ ദയാ കൃഷ്ണേട്ടന്റെ കോള് വീറ്റിങ്ങിലുണ്ട് താനൊന്ന് കട്ട് ചെയ്തേ ഞാൻ അതൊന്ന് അറ്റൻഡ് ചെയ്യട്ടെട്ടോ ഹലോ ഹലോ കൃഷ്ണേട്ടാ ആ പറയൂ ഏ എന്ത് സിറ്റി ഹോസ്പിറ്റലോ അച്ഛൻ എന്ത് പറ്റി കൃഷ്ണേടാ ആ ശരി ശരി ഞാനിത് ഇറങ്ങി ദൈവമേ എന്റെ അച്ഛൻ എന്ത് പറ്റി കൃഷ്ണേട്ടാ എവിടെ എവിടെ അച്ഛൻ എന്താ സംഭവിച്ചത് പറ കൃഷ്ണേടാ ി ആരുണ്ട് എന്റെ ദൈവമേ ഞാൻ എന്തൊരു നിർഭാഗ്യമാനാണ് കൃഷ്ണേട്ടാ ഞാനിനി എന്ത് ചെയ്യും കൃഷ്ണേട്ടാ എനിക്ക് എന്റെ അച്ഛനെ ഒന്നും കാണാൻ കൂടി കഴിഞ്ഞില്ലല്ലോ അച്ഛനെ അലകുന്നു ഇങ്ങോട്ട് കൊണ്ടുവന്നെ ഇവിടെ മുതൽ ഓർത്തിരിക്കുന്നു എന്ത് പറയാം പോയി എന്റെ അച്ഛനും പോയി കൃഷ്ണേട്ടാ അവരോ അവരുടെ ഓർമ്മകൾ ഉറങ്ങുന്ന ആ വീടും പോയില്ലേ ഞാനിനി എന്ത് ചെയ്യും കൃഷ്ണേട്ടാ എന്ത് ചെയ്യും ഞാൻ സമാധാനി അച്ചാ ഇനി കാര്യങ്ങള് നോക്കാം പതിനാറ് ദിവസത്തെ ബലി കഴിഞ്ഞു അദ്ദേഹം പോകേണ്ട സമയത്ത് തന്നെയാ പോയത് ആയിസെത്തിയുള്ള മരണം മോൻ ഇങ്ങനെ ചടഞ്ഞുകൂടി ഇരിപ്പ് തുടങ്ങിട്ട് എത്ര ദിവസമായി കാലം വായിക്കാത്ത ഒരു മുറിവുകളും ഇല്ല എല്ലാം പഴയതുപോലെ ആവാൻ ശ്രമിക്കണം അച്ഛന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു മനുവിന്റെ വിവാഹം അതുകൊണ്ട് വീട് പണി ഉടൻ തുടങ്ങണം ആണ്ടുവലി കഴിഞ്ഞാ വിവാഹം അച്ഛന്റെ സ്ഥാനത്ത് ഞാനുണ്ട് എല്ലാം ശരിയാവും മോനെ ഒന്നും ശരിയാകില്ല കൃഷ്ണ പോയി കൃഷ്ണ എന്തുണ്ടായി ഞാൻ പറയാം അച്ഛന്റെ സഞ്ചാരത്തിന്റെ എനിക്ക് ഓഫീസിന് ഒരു ഫോൺ കോള് വന്നിരുന്നു ഞങ്ങളുടെ പ്രൊഡക്റ്റില് മനുഷ്യർക്ക് ഹാനികരമായ എന്തിന്റെയോ അളവ് കൂടുതലാണത്രേ ലാഭം നന്നേ കുറഞ്ഞു അതുകൊണ്ട് കമ്പനി നഷ്ടത്തിലാണെന്നും അങ്ങനെന്തൊക്കെയോ പറഞ്ഞു കമ്പനി നാൽപ്പത്തഞ്ചോളം ജൂനിയേഴ്സിനെ നിർബന്ധപൂർവം രാജിവെപ്പിക്കുകയാണെന്നാണ് അറിഞ്ഞത് ഏറ്റവും ജൂനിയറായവരാണ് പുറത്തു പോവുക ഞാനും അത് പിടിമൃഷ്ണേട്ടാ എനിക്കിനി ജോലിയില്ല അത് നഷ്ടമായിരിക്കുന്നു ഓ ഞാൻ എന്തൊക്കെയാ ഈ കേനു വിഷമിക്കാതിരിക്കും കൃഷ്ണട്ടാ ഈ ജോലി കണ്ടിട്ടല്ലേ കൃഷ്ണട്ടാ ഞാൻ ഇത്രയും വലിയ തുക ലോണെടുക്കാൻ തീരുമാനിച്ചതും എന്റെ വീട് കുളിച്ചതും ദൈവമേ ഞാനിനി എന്ത് ചെയ്യും വിഷമിക്കാതിരിക്കേ ഈ പറമ്പ് ബാങ്കിൽ ഈട് കൊടുത്താൽ അവര് ലോൺ തരില്ലേ പിന്നെ രമ്യയുടെ വീട്ടിൽ നിന്നും എന്തെങ്കിലും സഹായം കിട്ടാതിരിക്കില്ലല്ലോ എല്ലാം നന്നായി വരുമെന്ന് വിചാരിക്കുമോനെ രമ്യ കൃഷ്ണേട്ടനറിയോ അവൾ എന്നെ കുറച്ചു ദിവസമായിട്ട് വിളിക്കാറില്ല ഞാൻ വിളിച്ചാലൊട്ട് ഫോൺ എടുക്കാറുമില്ല ജോലി നഷ്ടപ്പെട്ടതുകൊണ്ട് ലോണ് തരാനാവില്ലെന്ന് മാനേജർ പറഞ്ഞതൊക്കെ അറിഞ്ഞാണോ ആ ഞാനിതൊക്കെ അനുഭവിക്കണം ഒരു നല്ല വീടുണ്ടായിരുന്നത് പലരുടെയും വാക്ക് കേട്ട് നാശിപ്പിച്ചില്ലേ എനിക്കിനി ജീവിക്കണ്ട കൃഷ്ണേട്ടാ എനിക്കിനി ജീവിക്കണ്ട നല്ലത് തെറ്റിലേക്ക് നടന്നു നീങ്ങിയവനാണ് ഞാൻ സ്വന്തം എനിക്കിനും എങ്ങോട്ടും പോണ്ട ഞാനെങ്ങോട്ടും വിടുകയില്ല മാഷിന്റെ കൂടെ എന്റെ വീട്ടിലേക്ക് വാ ഇന്നേൽ വീടിന്റെ അത്രയും വിശാലമല്ലെങ്കിലും ഒരാൾക്ക് കൂടി താമസിക്കാനുള്ള സ്ഥലം അവിടുണ്ട് വയസ്സുകാലത്ത് ദൈവം എനിക്കൊരു മകനെ തന്നു എന്ന് ഞാൻ കരുതിക്കൊള്ളാം ഓ വാ ഇത് കണ്ടോ ഒരു കത്താ ഇതിന്റെ വിലാസം മോൻ കണ്ടോ ദാസൻ നായർ കുന്നങ്ങര പോസ്റ്റ് അച്ഛനുള്ളതാ സത്യത്തിൽ ഞാൻ ഇത് തരാനാണ് ഇങ്ങോട്ട് വന്നത് വീടില്ലെങ്കിലും വിലാസക്കാരനില്ലെങ്കിലും കത്ത് ശിപായിക്ക് വരാതിരിക്കാനാവില്ലല്ലോ കത്തുകൾ വല്ലപ്പോഴും ഇനിയും വരും ഇനി വരാനുള്ളത് മനുവിന്റെ വിലാസത്തിലാണ് കൃഷ്ണേട്ടാ ഇനി വരാനുള്ള കത്തുകളെല്ലാം മനുവിന്റെ വിലാസത്തിലാണ് വിലാസമില്ലാതെ ഒരു കത്തും വീട് കാണാതെ ഒരു തപാൽ ശിപായി മടങ്ങരുത് മോന്റെ അച്ഛന് ഇഷ്ടപ്പെട്ട വീടല്ലേ പോയിട്ടുള്ളു തൊടി ഇനിയും ഇവിടെ ബാക്കിയുണ്ട് പതുക്കെ മറ്റൊരു ജോലി പിന്നെ പതിയെ മനോഹരമായ കുന്നേൽ വീട് പുനർനിർമ്മിക്കണം പഴയപടി അപ്പോ അച്ഛനും അമ്മയും അതൊക്കെ കണ്ട് സന്തോഷിക്കും മോന്റെ അച്ഛനെ പോലെ പഴമയിലേക്ക് തിരികെ നടക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വൃത്തന്റെ ആഗ്രഹമാണിത് കൃഷ്ണേട്ടാ നിങ്ങൾ എന്റെ കണ്ണു തുറപ്പിച്ചു ഞാൻ ഞാൻ പണി കഴിപ്പിക്കും ഞാനിടിച്ചു നിർത്തിയ എന്റെ ആ പഴയ വീട് ഈ ജന്മത്തിൽ എന്റെ ലക്ഷ്യമിനി അതായിരിക്കും എന്റെ അച്ഛനമ്മമാരുടെ ഓർമ്മകൾ പേരുന്ന ആ വീടാണിനി എന്റെ സ്വപ്നം പഴമയുടെ പ്രൗഢി പേരുന്ന ആ കുന്നേൽ വീട് പഴമയിലേക്ക് നടക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും വേണ്ടിയുള്ള ഒരു വീട് അച്ചാ മാപ്പ് മാപ്പ് മാപ്പ് ുടെ വീട് നാടകം ഇവിടെ പൂർണ്ണമാകുന്നു രജന ഉന്മേഷ് മാപ്പിളശ്ശേരി കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും ദാസൻ മാസ്റ്റർ കെ കരുണാകരൻ പേരാമ്പ്ര കൃഷ്ണൻ വി രവി കൊയിലാണ്ടി മനു എം വിനീന്ദ്രൻ ജാനകി കോടേരിലക്ഷ്മി രമ്യ ആർ എസ് ദിവ്യ സംവിധാനം മാത്യു ജോസഫ് സഹായം പി നിഷ അവതരണം ആകാശവാണി കോഴിക്കോട് നിലയം